അദ്ദേഹം തന്റെ യുവാക്കളോട് പറഞ്ഞു അവരുടെ സാധനങ്ങൾ അവരുടെ സഞ്ചികളിൽ തന്നെ വയ്ക്കുക അവർ തങ്ങളുടെ വീട്ടുകാരുടെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടിയാകുന്നു അങ്ങനെ അവർ മടങ്ങിവരുമായിരിക്കും